ആദ്യത്തെ ശ്ലോകം കൊണ്ട് ഭഗവാന്റെ കൃപയെ എടുത്തു പറഞ്ഞു ഹൃദംഭോജ വികാസായ പ്രഥമേ പ്രാർത്ഥ്യതേ ശുഭാം ഹൃദയത്തിലെ ഹൃദയം എന്നുള്ള അധ്യാത്മ അനുഭൂതി കേന്ദ്രം തുറക്കാനായിട്ടുള്ള പ്രാർത്ഥന രമണഗീതയിൽ ഭഗവാൻ ഇതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് ഹൃദയത്തിൽ നിന്നും അനേക നാടികൾ ശരീരം മുഴുവൻ പ്രസരിക്കുന്നു ശതം ചെയ്ക ഹൃദയസ്യ നാട്യ ഹൃദയത്തിന്റെ നാടികളായിട്ട് നൂറ്റിയൊന്ന് നാടികളുണ്ട് എന്നാണ് ഉപനിഷത് വരണം അതിൽ ഒരു നാടിയും ഹൃദയസ്ഥാനത്തിൽ സഹസ്രാർഥത്തിലേക്ക് പ്രവഹിക്കുന്നു അതിന് ആത്മനാടി അല്ലെങ്കിൽ അമൃതനാടി എന്ന് പറഞ്ഞു ആ നാഡി സാധാരണ അടഞ്ഞുകിടക്കുകയും അധ്യാത്മവികാസം ഉണ്ടാകുമ്പോൾ ആ നാടി പതുക്കെ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നു അതാണ് അക്ഷരമണമാലയിലെയും അമൃതവായൈത്തിര അരുൺ്മതി അരുണാചല എന്താ അമൃതനാടിയെ തരന് വിടരുത് അമൃത നാടി തുറക്കുമ്പോഴാണ് ഈ ഹൃദയം ഹൃദയ താമര വിരിഞ്ഞു എന്നൊക്കെ പറയണു അപ്പോ ഹൃദയ താമര വിരിയാനായിട്ട് ഭഗവാന്റെ കൃപാകിരണം അവിടെ സ്പർശിക്കട്ടെ അമൃതനാടി തുറക്കുമ്പോ നാടീമഥനം ഉണ്ടാകും എന്നൊക്കെ രമണഗീതയില് കാവികണ്ഠ ഗണപതി മുനിയുടെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരമായിട്ട് പറയുന്നുണ്ട് സാധാരണ ഈ കാര്യങ്ങളൊന്നും ഭഗവാൻ ഇങ്ങനെയൊന്നും പറയാറില്ല കാരണം ഇതുമൊക്കെ ഭാവന തന്നെയാണ് ഉയർന്ന തലത്തിൽ പക്ഷെ ആ തലത്തിൽ ചിന്തിച്ച് ചോദിക്കുന്ന ആൾക്ക് അത്തരത്തിൽ ഉത്തരം അപ്പോ ചുരുക്കത്തിൽ അധ്യാത്മ അനുഭൂതി വികസിക്കുന്ന ഒരു കേന്ദ്രം നമ്മളിൽ കാണുകയും ആ കേന്ദ്രത്തിനാണ് ഹൃദയമെന്നും ഹൃദയ താമര എന്നും ഒക്കെ പറയണത് അത് വികസിക്കാനായി ഒത്തൊരരുണനായി തീർന്നിടേണം സുരേഷാനന്ദ സ്വാമിയുടെ വിവർത്തനത്തിൽ അങ്ങനെയാണ് അങ്ങൊരു സൂര്യനായി പ്രകാശിക്കണം കരുണാപൂർണ സുതാബ്ധേയും കബളിത ഘനവിശ്വരൂപ ണത് അഹമത്മനേത്യച്ച അദ്വൈതരുടെയും ഹൃദയത്തില് അഹം അഹം എന്ന അനുഭവ രൂപത്തിൽ യാതൊരു ഭഗവാന്റെ പ്രകാശമുണ്ടോ അത് തന്നെയാണോ ഭഗവാന്റെ കരുണം അതിലെന്താ കാരുണ്യം ഉള്ളത് എന്ന് വെച്ചാൽ എല്ലാം പരിണമിക്കുമ്പോഴും പരിണമിക്കാതെ ഇരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് എക്സ്പീരിയൻസ് അനുഭൂതിയുടെ ഒരു അനുസ്യൂത അസ്തിത്വം എല്ലാത്തിനും പുറകിൽ സംഗീതത്തില് താളവും രാഗവും ഒക്കെ മാറാതെ നിൽക്കുന്ന ശ്രുതി പോലെ അഹം അഹം എന്ന അനുഭവം ഇതിന് പുറകിൽ തന്നെയാണ് ഭഗവാന്റെ കരുണ അതില് രണ്ട് എന്നുള്ള അനുഭവവും ഇല്ല കരുണായ സ്വരൂപത്വം ഇഷ്ടം നിർഗുണത്വം ഹി വേദാന്തൈ ഹി കരുണ എന്നുള്ളത് ഭഗവാന്റെ സ്വരൂപമാണ് അല്ലാതെ ക്വാളിറ്റി അല്ല കരുണ തന്നെയാണ് സ്വരൂപം ആ പരമാത്മ സ്വരൂപം നമുക്ക് സിദ്ധമായിരിക്കുന്നു ആത്മാസിദ്ധോഹി അഹംരൂപം അഹം എന്ന അനുഭവരൂപത്തിൽ ആത്മാസിദ്ധമാണ് സൂത്രഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ ആരംഭത്തിൽ തന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് എല്ലാവർക്കും വസ്തു പ്രസിദ്ധമാണ് പക്ഷെ അറിയണില്ല അത്രയുള്ളൂ കിട്ടിയിട്ടുണ്ട് അറിയണില്ല എന്തുകൊണ്ട് അറിയണില്ല എന്ന് വെച്ചാൽ അതിനെ മറ്റു പലതുമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു ശരീരമായിട്ടും മനസ്സായിട്ടും ബുദ്ധിയായിട്ടും ഒക്കെ അതുമായി കൂടിക്കൊഴഞ്ഞ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം അറിയുകയും അറിയാതിരിക്കുകയും ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അനുഭവമുണ്ട് നമ്മളുടെ സ്വരൂപത്തിന് പക്ഷെ അതിന് ആ അനുഭവമുള്ളതിന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കണില്ല അസത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത് കൊണ്ട് സത്തിൽ ശ്രദ്ധ പതിയണില്ല നാസത്തോ വിദ്യതേ ഭാവോ വിദ്യത്തെ സതഹ ഇത് രണ്ടും നമ്മളുടെ അനുഭവത്തിലുണ്ട് ഇല്ലാത്തത് അതായത് ജഡം ഉപാധി അതിന് ഭാവമില്ല ഭാവമില്ലാന്ന് വെച്ചാൽ അത് എപ്പോഴെങ്കിലാതാവും എല്ലാരിലും ആത്മാവനെ ദർശിക്കുക എന്ന് പറയുന്നതും നമ്മൾക്കുണ്ട് എല്ലാവരിലും നമ്മൾ ആത്മാവനെ തന്നെയാണ് കാണുന്നത് പക്ഷെ അറിയണില്ല ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ച് പത്ത് നാപ്പത് വർഷമായി കൂടെ ഇരിക്കുമ്പോ ഒന്ന് ആലോചിച്ചു നോക്ക അവരവരുടെ അനുഭവം വെച്ച് ആലോചിച്ചു നോക്ക അമ്മയും മകനും ആവട്ടെ എങ്ങനെ വേണമെങ്കിൽ ആവട്ടെ നാപ്പത് വർഷമായി പരസ്പരം ചേർന്നിരിക്കുന്ന ആളുകൾക്ക് നാപ്പത് വർഷം ആയിട്ടും ഒരേ ആളുമായി സംബന്ധം പുലർത്തുന്ന ഒരനുഭവമാണ് ആണോ അല്ലയോ ഒരേ ആളുമായിട്ട് സംബന്ധം പുലർത്തുന്ന അനുഭവമാണ് ഒരു വ്യത്യാസവും ഇല്ല നാൽപ്പത് വർഷമായി അതേ ആള് തന്നെയാണ് നമ്മൾ ചിന്തിക്കാതെ നോക്കുമ്പോ അതേ ആള് തന്നെയാണ് അതേ ബന്ധമാണ് ദിവസം കോൺസ്റ്റന്റ് എന്താ പറയാ കമ്മ്യൂണിക്കേഷനിൽ വ്യത്യാസമേ പക്ഷേ കല്യാണത്തിന്റെ ആൽബം എടുത്തു നോക്കിയാ ശരീരം ആളാകപ്പാടെ മാറിപ്പോയിരിക്കുന്നു ഷേപ്പൊക്കെ മാറിപ്പോയിരിക്കുന്നു ഓരോ കോശവും മാറിപ്പോയിരിക്കുന്നു അന്ന് തല കറുത്തിട്ടിരുന്നു എന്ന് നരച്ചിരിക്കുന്നു അല്ലെങ്കിൽ കഷണ്ടിയായിരിക്കുന്നു തടിച്ചിരുന്ന ആളിപ്പോ മെലഞ്ഞിരിക്കുന്നു മെലിഞ്ഞിരിക്കുന്ന ആൾ തടിച്ചിരിക്കുന്നു ശാസ്ത്രീയമായിട്ടാണ് തീരുമാനിക്കണമെങ്കിൽ അന്നുള്ള ആളെ ഇല്ല എന്ന് പറയേണ്ടി ക്ഷണിക വിജ്ഞാനവാദം എന്ന് ബൌദ്ധന്മാർ പറയും അവർ ഈ ജടത്തിനെ മാത്രം പരീക്ഷിച്ചിട്ടാണ് ക്ഷണിക വിജ്ഞാനവാദം പറയുന്നത് അതായത് ഒന്നും ശാശ്വതമായിട്ട് നിൽക്കുന്നില്ല നദി ഒരു നദിയെ രണ്ടാമത് നമുക്ക് തൊടാൻ പറ്റില്ല എന്നാണ് നദി ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ അതേ നദിയെ നമ്മൾ തൊടുന്ന പോലെ തോന്നണമെങ്കിൽ നദി പോയിക്കഴിഞ്ഞു ജലം പോയിക്കഴിഞ്ഞു വേറെ എന്താണ് തൊടുമ്പോ അത് പോയിക്കഴിഞ്ഞു അതുപോലെ ശരീരം പൂർണമായും മാറി മനസ്സ് പൂർണമായും മാറി അന്നുള്ള മനസ്സല്ല ഇപ്പോ ഇപ്പൊ എല്ലാം മാറിയിരിക്കുന്നു എന്നിട്ടും നമ്മളുടെ അനുഭവം നോക്കുമ്പോ നമ്മള് നാപ്പത് വർഷം മുമ്പ് ആരെയാണോ വിവാഹം കഴിച്ചത് അതേ ആളുമായിട്ടാണ് ഇപ്പൊ ബന്ധം നമ്മൾ ആരുടെ അടുത്താണോ കമ്മ്യൂണിയൻ ഉണ്ടാവണത് അയാളെ നമ്മൾ കാണുന്നില്ല ആരെയാണോ കാണുന്നത് അയാളോട് നമുക്ക് ബന്ധമില്ല കാണുന്നത് ശരീരത്തിനെയാണ് അതുകൊണ്ട് അതിനോട് ബന്ധമില്ലാത്തത് കൊണ്ടാണ് അതിന്റെ പരിണാമമൊന്നും വി ആർ നോട്ട് കോൺഷ്യസ് അതൊക്കെ കമ്പാരിസൺ കൊണ്ടോ കണ്ണാടി കൊണ്ടോ വേണോ അറിയാൻ സ്വയം അറിയപ്പെടില്ല ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണോ അറിയാൻ ആൽബം നോക്കിയിട്ട് വേണോ അറിയാൻ പക്ഷെ ഈ എക്സ്പീരിയൻഷ്യൽ ലെവലില് ഒരേ ആളെയാണ് ബന്ധപ്പെടുന്നത് അതായത് എല്ലാവരും ആത്മബന്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അറിയണില്ല ആത്മാവിനെ കാണുക എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പ്രകാശമൊന്നും കാണാനില്ല നമ്മൾ ആത്മാവിനെയാണ് കാണുന്നത് അത് അറിഞ്ഞുകൊള്ളണം ശരീരത്തിനെയല്ല ശരീരവുമായി സംബന്ധമേയില്ല ശരീരം എവിടെയോ നിൽക്കണു നമ്മൾ എവിടെയോ നിൽക്കണു ശരീരം അസത്താണ് അതിന് ഭാവമില്ല ഒരു ക്ഷണം പോലും അത് മാറാതെ നിൽക്കണില്ല മാറിക്കൊണ്ടേയിരിക്കുന്നു മനസ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു നാശത്തോ വിദ്യതേ ഭാവ അതുകൊണ്ട് ഈ മാറിക്കൊണ്ടേയിരിക്കുന്നതിനെ ആശ്രയിക്കാതിരിക്കുക ഉപയോഗിച്ചുകൊള്ള ഉപയോഗിക്കാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല ശരീരത്തിന് ഉപയോഗിക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും മനസ്സിന് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റുമോ ബുദ്ധി ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റുമോ സാധ്യമല്ല ഉപാധി ഉപയോഗിക്കാം അതാണ് നമ്മുടെ വ്യവഹാരത്തിനുള്ളത് വ്യാവഹാരികമാണത് പക്ഷെ നമ്മള് വ്യാവഹാരിക പദാർത്ഥമല്ല നമ്മൾ പാരമാർത്ഥിക പദാർത്ഥമാണ് നമ്മൾ അവ്യവഹാരിയമാണ് നമുക്ക് ചലനമേ ഇല്ല നമുക്ക് പരിണാമമേ ഇല്ല നാസത്തോ വിദ്യതേ ഭാവ എന്ന വിദ്യതേ സതഹ സത്വരിക്കലും ഇല്ലാതാവണില്ല അസത്വം ഉണ്ടെന്ന് സദാ തോന്നുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അത് ഒരു ക്ഷണം പോലും ഉള്ളതല്ല ഓരോ ക്ഷണവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അസത്ത് ശരീരാധികൾ ഇത് നല്ലവണ്ണം ചിന്തിച്ച് ശുദ്ധ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്ത് അറിയേണ്ട കാര്യമാണ് ബുദ്ധി അല്പം ഉപയോഗിച്ചാലേ ശരിയാവൂ ഈ തലത്തിലൊക്കെ ബുദ്ധിയെ പ്രകൃതിയെ ചിന്തിച്ച് നീക്കം ചെയ്യാനായി ഉപയോഗിക്കണം ശ്രദ്ധയെ ആത്മാവിനെ വരിക്കാനായി ഉപയോഗിക്കണം ബുദ്ധി കൊണ്ട് ഉപാധി ധർമ്മങ്ങളെ വിചാരം ചെയ്ത് നീക്കുകയും ശ്രദ്ധ കൊണ്ട് സ്വരൂപത്തിനെ വരിക്കുകയും വേണം എന്നാലേ ശരിയാകൂ അപ്പോ ഇതൊന്നും ഞാനല്ല ഏതൊന്നാണോ അഹം അഹം ഞാൻ ഞാൻ ഞാൻ എന്ന അനുഭവ രൂപത്തിൽ സിദ്ധമായിരിക്കുന്നത് ഒരിക്കലും പരിണമിക്കാതെ നമുക്ക് സിദ്ധമായിരിക്കുന്നത് അത് ഭഗവാന്റെ സ്വരൂപമാണ് തുലീയ സത്യമാണ് അപ്പൊ ഭഗവാന്റെ കാരുണ്യം എന്ത് ചെയ്യുന്നു എന്ന് വച്ചാൽ അസത്തിനെ അസത്ത് എന്ന് കാണിച്ചു തരുകയും സത്ത് സ്വയം പ്രകാശിക്കുന്നുണ്ടെന്ന് ബോധിപ്പിക്കുകയും ചെയ്യാണ് അതാണ് ഭഗവാന്റെ കരുണ അല്ലാതെ കരുണ വേറെ ഒന്നും ചെയ്യണില്ല അസത്തിനെ ആശ്രയിക്കേണ്ട സത്തിനെ കാണിച്ചു തരുന്നു സത്ത് എപ്പോഴും ഉണ്ട് തത്വമസി നീ അന്വേഷിക്കുന്ന വസ്തു ഇത് തന്നെയാണ് ഏതൊന്നാണോ ഇപ്പത്തന്നെ അനുഭവത്തിലുള്ള ുള്ളത് ആ അനുഭവത്തിലുള്ളതിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ജഗത്ത് മുഴുവൻ അദ്ദേഹം അരുണാചലം അങ്ങയിൽ ഉദ്ഭവിച്ച് അങ്ങയിൽ നിന്ന് അങ്ങയിൽ ലയിക്കുന്നു ഇതാണ് ബ്രഹ്മലക്ഷണം ഭാഗവതത്തില് ഗജേന്ദ്ര സ്തുതിയില് ഗജേന്ദ്രൻ പറയുന്നു ഏതിനെയാണ് ശരണം പ്രാപിക്കേണ്ടത് അപ്പോ ഏതൊന്നിലാണോ ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചിരിക്കുന്നത് ഏതൊന്നിൽ നിൽക്കുന്നു ഏതൊന്നിൽ ലയിക്കുന്നു ആ ഭഗവാൻ ഞാനിതാ ശരണം പ്രാപിക്കുന്നു നാരായണീയത്തിലത് ശ്ലോകരൂപത്തിലാക്കിയിട്ടുണ്ട് യസ്മേതദ്ഭാഗം യഥൈദമഭവത് ഏന ചേതം യേത യോസ്മാതുർണരൂപോ സകലമിതം ഭാസിതം യാസ പിന്നെന്താ യോ വാചാം ദൂരദൂരെ പുനരപി മനസാം ഏതൊന്നിൽ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നുവോ ഏതൊന്നുകൊണ്ട് ഈ പ്രപഞ്ചം അറിയപ്പെടുന്നു ഏത് ഈ മുഴുവൻ ആശ്രയസ്ഥാനമോ ആ കൃഷ്ണന് നമസ്കാരം ആ കൃഷ്ണനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് നാരായണീയ ശ്ലോകമൊക്കെ നമ്മൾ പറയേണ്ടത് പക്ഷെ അതൊക്കെ ഈ രാഗമൊക്കെ ഇട്ട് പാട്ടുപാടിയൊക്കെ കഴിയുമ്പോ കുറെ കഴിയുമ്പോ അതൊന്നും നമുക്ക് പിടിയില്ലാതായി പോകും കുറെ കാലം കഴിയുമ്പോ ഈ രാഗത്തിൽ പാടണം എന്ന് മാത്രമാകും അത് അല്ലാതെ അതിന് വല്ല അർത്ഥമുണ്ട് എന്നുപോലും നമുക്ക് തോന്നില്ല അതാണ് സമ്പ്രദായമായി പരമ്പരയിൽ ഈ കാര്യത്തിനെ ഗ്രഹിച്ച് വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കാനാണ് ആചാര്യ പുരുഷന്മാര് നമ്മളെ ഇങ്ങനത്തെ കൃതികളൊക്കെ തന്നു ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണത് മറന്നുപോവാതിരിക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മൾ അപ്പൊ വിട്ടുപോകും ഒക്കെ ഭാഗവതത്തിലും ഉപനിഷത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ ഉണ്ടെങ്കിലും മറന്നുപോകും ഇതാണ് അത് അറിയില്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോ ത്വ്യരുണാചല സർവം ഭൂത്വ സ്ഥിത്വ പ്രളീനം ഏതത് ചിത്രം ഏതത് ചിത്രം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് വണ്ടർ ആശ്ചര്യം എന്താ ആശ്ചര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞപ്പോ അതൊരു ഒബ്ജക്റ്റീവ് സയൻസ് പോലെ തോന്നി ഹേ അരുണാചല അങ്ങയിൽ ഇതൊക്കെ ഉദ്ഭവിക്കുന്നു അങ്ങയിൽ നിൽക്കുന്നു അങ്ങയിൽ ലയിക്കുന്നു ശരി സമ്മതിച്ചു ഇതൊക്കെ സ്വീകരിക്കാം വിശ്വസിക്കാൻ അല്ലേ ഏത ചിത്രം ഏറ്റവും വലിയ ആശ്ചര്യം വണ്ടർ എന്താണ് ഈ ആശ്ചര്യം എന്ന് വച്ചാൽ ഹൃദയഹിതി നൃത്യസി ഭോഹോ എന്റെ ഹൃദയത്തിൽ എന്റെ അനുഭവമണ്ഡലത്തിൽ അങ്ങ് അഹം അഹം ഞാൻ ഞാൻ ഞാൻ എന്ന അനുഭവത്തിന്റെ ഉണ്മയായ സ്വരൂപമായി നർത്തനം ചെയ്തുകൊണ്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഭോ തേ വദന്തി നാമ അലയോ അരുണാചല അങ്ങയ്ക്ക് ഹൃദയം എന്ന് തന്നെ പേര് ഇതാണ് ആശ്ചര്യം ഭഗവാന്റെ കരുണ എന്ന് പറഞ്ഞതും ഇതാണ് എവിടെയോ ഉള്ള വസ്തുവായില്ലാതെ കിട്ടിയിട്ടുള്ള വസ്തുവായിട്ടിരിക്കുന്നു പ്രഹ്ലാദൻ അസുര കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുത്തു ഭഗവാനെ ഭജിക്കണം കൗമാര ആചരി ധർമാൻ ഭാഗവതാനിഹ് ദുർലഭം മാനുഷം ജന്മാതപി അധ്രുവമർ ഹേ അസുര കുഞ്ഞുങ്ങളെ നമ്മളൊക്കെ ഇപ്പൊ ചെറിയ കുട്ടികളായിരിക്കുന്നു വലുതാവും തോറും നമ്മളുടെ വലിയ ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നമ്മളുടെ ബുദ്ധിയിൽ വേണ്ടാത്തവരൊക്കെ പറഞ്ഞ് കയറ്റി കൺഫ്യൂസ് ചെയ്യിപ്പിക്കും അതുകൊണ്ട് ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം ഭാഗവതധർമ്മത്തിലേക്ക് ഇപ്പൊ തന്നെ പ്രവേശിച്ചോളണം ഹേ ഹാർഭകാ ശൃത വചോമേ സർവതഃ ശിവം ഗുരുതമപിനാഹ്യം ഏതർത്ഥേ അർത്ഥകൽപ്പനം ഗുരു പറഞ്ഞതാണെങ്കിൽ പോലും അനർത്ഥത്തിനെ അർത്ഥം എന്ന് പറഞ്ഞു തന്നാൽ സ്വീകരിക്കരുത് ഞാൻ നിങ്ങൾക്ക് മംഗളത്തിനു വേണ്ടി പറയുകയാണ് കേൾക്കൂ എന്നൊക്കെ പ്രഹ്ലാദൻ കരുണയോടുകൂടെ തന്റെ സഹവാടികളോട് പറയാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഈ ഭാഗവതധർമ്മത്തിനെ അറിഞ്ഞു പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ഭഗവാനെ ഭജിക്കണം എന്നൊക്കെ പറയുമ്പോ അസുര കുട്ടികൾ ചോദിക്കും ആ ഭഗവാനെ ഇപ്പൊ എവിടെ പോയി തരും നമ്മൾ അതൊക്കെ നമുക്ക് സാധിക്കുമോ അപ്പോഴാണ് പ്രഹ്ലാദമിന് ഇത്ര എളുപ്പമായ കാര്യമില്ല നഹി അച്യുതം പ്രീണയതോ ബഹ്വായാസോ അസുരാർഭകാഹ അച്യുതനെ പ്രീതിപ്പെടുത്തുക സന്തോഷിപ്പിക്കുക എന്നുള്ളതിന് ഒരു വിഷമമില്ല എന്തുകൊണ്ട് വിഷമമില്ല എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോവൊന്നു വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഹിതം ചെയ്താൽ അച്യുതനെ കണ്ടു അച്യുതനെ പ്രീതിപ്പെടുത്തി ആത്മത്വാ സർവഭൂതാനാം സിദ്ധത്വാദിക എല്ലാവരുടെയും ആത്മാവായവൻ ഇരിക്കുന്നത് കൊണ്ടും നീ കിട്ടേണ്ട വസ്തുവല്ല കിട്ടിയിട്ടുള്ള വസ്തുവായിട്ടിരിക്കുന്നതുകൊണ്ടും ഈസ് ഓൾറെഡി അറ്റൈൻഡ് എവർ അറ്റൈൻഡ് കിട്ടിയിട്ടുള്ള വസ്തുവായിരിക്കുന്നത് കൊണ്ടും ഒരു വിഷമവുമില്ല അതുകൊണ്ട് വിഷമിക്കുകയേ വേണ്ട ഈ ദൃശ്യപ്രപഞ്ചരൂപത്തിൽ ഇരിക്കുന്നതും ഭഗവാനാണ് ഉള്ളിൽ ഞാൻ എന്ന അനുഭവ രൂപത്തിലിരിക്കുന്നതും ഭഗവാനാണ് ദൃശ്യ പ്രത്യേകാത്മ സ്വരൂപേണ ദൃശ്യരൂപേണ സ്വയം ഒക്കെ ഭാഗവതത്തിലുണ്ട് പക്ഷെ നമ്മൾ ഭാഗവത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കില്ല ഭാഗവതത്തിലുണ്ടെങ്കിലും കുറെ കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ രമണ ഭഗവാൻ വന്ന് പറഞ്ഞു തരണം അപ്പൊ പിന്നെയും നമ്മൾ ഭാഗവത്തിൽ അപ്പൊ കണ്ടാ കാണൂല്ലേ കാണില്ല അത്രയേ പ്രത്യകാത്മസ്വരൂപേണ ദൃശ്യരൂപേണ ച സ്വയം ഉള്ളിൽ ചൈതന്യസ്വരൂപമായും പുറമേക്ക് ദൃശ്യപ്രപഞ്ചമായും അനിർദ്ദേശവും വ്യാപ്യമായും വ്യാപകമായും അവനിരിക്കുന്നു പ്രപഞ്ചമായും പ്രപഞ്ചത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന വസ്തുവായും അതിന് ആധാരവസ്തുവായും അതിന് സാക്ഷിയായും അതിന് പ്രകാശമായും അവൻ ഇരിക്കുന്നു ഇത്രയൊക്കെ വ്യക്തമായിട്ട് നമ്മളുടെ നരസിംഹ അവതാരത്തിലുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല അതാണ് പറയണത് കണ്ടാലും കാണില്ല എന്ന് പറയുന്നത് കാര്യം വളരെ എളുപ്പമാണ് പക്ഷെ എളുപ്പമല്ല മുമ്പിലുണ്ടാവും പക്ഷെ കാണില്ല ഈ പുസ്തകമൊക്കെ വാങ്ങി വീട്ടിൽ വെക്കാം പക്ഷെ അൺലെസ് യു ബിക്കം മെച്യർ ഇനഫ് ടു റിസീവ് ദാറ്റ് വിസ്റ്റം യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും കിട്ടും എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും കാര്യം വളരെ എളുപ്പം അതാണ് കൃപ എന്ന് പറയുന്നത് ആ കൃപ എപ്പോ ഉള്ളിൽ പ്രവഹിക്കുന്നു എന്ന് ആദ്യം നമ്മൾ ആ കൃപയെ സ്വീകരിക്കുന്നു നമ്മളുടെ സാമർഥ്യം കൊണ്ടല്ല ഭഗവത് കൃപ കൊണ്ട് ഇത് ഉള്ളിൽ അനുഭവത്തിൽ വരുമെന്ന് അറിയുന്നു അപ്പൊ മനസ്സിലാവും അപ്പൊ ഒക്കെ ചിത്രം അതാണ് ഭഗവാൻ പറയുന്നത് എന്താശ്ചര്യം ചിത്രം ടോക്സ് വിത്ത് രമണ മഹർഷിയിൽ ഒരിടത്ത് രമണഭഗവാൻ പറയണു എന്തോരശ്ചര്യം കാര്യം ഇത്ര എളുപ്പമായി ഇരുന്നിട്ട് ഇതിനെ മനസ്സിലാക്കാൻ അനേക കർമ്മകലാപങ്ങളും അനേകവിധത്തിലുള്ള അമ്പലങ്ങളും അനേക പൂജകളും ഹോമങ്ങളും അർച്ചനകളും മന്ത്രങ്ങളും അതിനെ ചെയ്യേണ്ട വിധാനങ്ങളും അതിന് സ്പെഷ്യലായിട്ട് കുറെ ആളുകളും എന്തൊക്കെ തന്നെയാണ് ഇതാണ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ സിംപ്ലിഫൈ ചെയ്യാൻ പോയിട്ട് വി വിൽ മേക്ക് ഇറ്റ് മോർ ആൻഡ് മോർ ആൻഡ് മോർ കോംപ്ലക്സ് എന്നിട്ട് എന്താവും സിമ്പിൾ ആയിട്ടുള്ളത് നമ്മൾ പറയും മനസ്സിലാവണില്ല എന്ന് പറയും കോംപ്ലെക്സ് ആയിട്ട് വലതും പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ബ്രെയിൻ വളരെ കോംപ്ലെക്സ് ആയി അതുകൊണ്ട് വി റെ കോംപ്ലക്സ് തിങ്സ് സിംപിളായിട്ടുള്ളത് ലളിതമായിട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് നേരെ പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവണില്ല എളുപ്പത്തിലൊന്നും പറഞ്ഞാൽ മനസ്സിലാവണില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നോക്കൂ അവരെന്താ സംസാരിക്കണത് നമുക്കൊന്നും പിടികിട്ടണില്ല അവർക്കത് വളരെ എളുപ്പമാണ് കമ്പ്യൂട്ടറില് എന്തൊക്കെയോ കാര്യങ്ങളും ഒക്കെ പറയണോ അവർക്കൊന്നും പിടികിട്ടില്ല പഴയ കാലത്ത് ആളുകൾക്കും ഇതൊന്നും മനസ്സിലാവില്ല ബാങ്കിൽ പോയി കഴിഞ്ഞാൽ മുമ്പ് ഇങ്ങനെ എഴുതി തന്നോണ്ടേയിരുന്നു ഒരു മുത്തശ്ശൻ കാഷ്മറിനടുത്ത് പണം വാങ്ങിക്കാൻ പോയി കുറെ നേരമായി നിൽക്കുകയാണ് അപ്പൊ ഇപ്പൊ എന്താ സമ്പ്രദായം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലും അത് ആദ്യം ഉണ്ടാക്ക എഴുതി റെക്കോർഡാക്കണം പിന്നെ എഴുതും പണം അപ്പൊ ഇദ്ദേഹം ഈ കമ്പ്യൂട്ടറില് മൗസ് വെച്ചുകൊണ്ട് കുറെ നേരം ഇങ്ങനെ നീക്കി നീക്കി നീക്കി നീക്കി നോക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് പാവം കാലു വേദന അവസാനം ദേഷ്യം വന്നു മുത്തശ്ശന് എന്താ കണിയാൻ രാശി നിരത്തി നിരത്തി ഇത്ര നേരമായിട്ടൊന്നും കിട്ടിയില്ല ഇത് ഈ രാശി നിരത്താ പോലെ പ്രശ്നം വെക്കും രാശി നിരത്താ പോലെ ഇങ്ങനെ അവർക്ക് അത്രയേ ഉള്ളൂ ഇവർക്കത് മനസിലാവണേലേ ഇവരെന്താ ചെയ്യണമെന്ന് തന്നെ അവർക്ക് മനസ്സിലാവില്ല പക്ഷെ നമ്മള് കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നേരെ മനസ്സിലാവുമ്പോ അവർക്കത് സിമ്പിളായിട്ടിരിക്കും നമുക്ക് കോംപ്ലെക്സ് ജട്ടിലമായിട്ടുള്ളത് അവർക്ക് ലളിതം ലളിതമായിട്ടുള്ളത് ജിലമായി മാറുന്നു ബുദ്ധി ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടാക്കുക നീന്തുന്ന ആൾക്ക് നീന്തൽ വളരെ എളുപ്പമാണ് മറ്റേ ആൾ കരക്കുന്നെന്ന് ചോദിച്ചുകൊണ്ടേ എങ്ങനെയാ നീന്തുക എങ്ങനെയാ നീന്തുക അത് ലസം കൊടുത്താലും പുസ്തകം പറഞ്ഞു കൊടുത്താലും നീന്തൽ എന്താന്ന് മനസ്സിലാവില്ല വെള്ളത്തിൽ പിടിച്ച് ന്തിയിട്ടാലേ ശരിയാവുള്ളൂ അപ്പോ അതേപോലെ ആദ്യം അകമേക്ക് ചെല്ലണം അകമയ്ക്ക് ചെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കണം എന്താണ് ഈ വസ്തു എന്താണ് എന്റെ സ്വരൂപം ഏത ചിത്രം ഏറ്റവും ആശ്ചര്യം എന്താണ് ആ ഞാൻ ഏതൊന്നിനെ അന്വേഷിക്കുന്നുവോ അതെന്നിൽ തന്നെ ഉണ്ട് ആത്മാ പുനർ ബഹിർ മൃഗ്യഹ അഹോ ഭാഗവതത്തിൽ ബ്രഹ്മാവ് സ്തുതിക്കുമ്പോ പറയാണ് അന്തർഭവേ അനന്ത ഭവന്തോ മൃഗയന്തി സന്തക്കൾ എങ്ങനെയാണ് ഭഗവാനെ അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ദശമസ്കന്ധത്തിൽ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുമ്പോ പറയണതാണ് അന്തർഭവേ അനന്ത ഭവന്തമേവ മൃഗയന്തി സന്ത സന്ധുക്കൾ അതത്യജന്തോ മൃഗയന്തി അങ് അല്ലാത്തതിനെയൊക്കെ മാറ്റി നിർത്തി അങ്ങയെ ഉള്ളിൽ അന്വേഷിച്ച് കണ്ടെത്തുന്നു അങ്ങനെ ഉള്ളിൽ കണ്ടെത്തേണ്ട വസ്തുവിനെ ബഹിർമൃഗ്യ പുറമേക്ക് അന്വേഷിക്കുന്നത് അഹോ അജ്ഞനതാജ്ഞത ഈ അജ്ഞാനികളുടെ അജ്ഞതയെക്കുറിച്ച് എന്തു പറയാനാന്നാണ് അതേ ഭാഗവതം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോ കോലാഹലമയമാക്കിയിരിക്കുന്നത് നമ്മളുടെ ഭക്തിയെ പ്രത്യേകിച്ച് വടക്കോട്ടൊക്കെ പോയി നോക്കൂ എളുപ്പത്തിലൊന്നും ഒരു ഭാഗവത സപ്താഹം നടക്കില്ല കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരു സ്റ്റേജ് ഉണ്ടാക്കി അതിൽ ഡാൻസ് പാട്ട് ഒക്കെ കൂടെ ആയി കഴിയുമ്പോ ഒന്നും തെറ്റില്ല സുഖമായിരിക്കും കാണാനൊക്കെ വളരെ സുഖമായിട്ടൊക്കെ ഇരിക്കും കുറെ ആളുകൾ പണം കൊണ്ടുവന്ന് അതിൽ കൊണ്ടുവന്ന് വർഷിക്കും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം എന്താ കിട്ടിയതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പാട്ട് പാടി കുറെ ഡാൻസ് കളിച്ചു കുറെ മധുരപലഹാരം തിന്നു കൊറേ കഥ പറഞ്ഞു കൊറേ രസമായ കഥകളൊക്കെ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോ ഇത് അനതര എന്റർടൈൻമെന്റ് ആണ് അപ്പോ ആധുനിക ചിന്തിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്നു ഇതിന് ഞങ്ങള് സീരിയൽ തന്നെ കാണാമല്ലോ എന്നാണ് അവര് പറയുന്നത് ഞങ്ങൾ ടി വി സീരിയൽ കണ്ടാലോ കണ്ടോളോ എന്തിനാ ഇവിടെ വന്നിട്ട് ഈ ഡ്രാമ കാണണം ഇതാണ് മായാൻവരണത് അതിങ്ങനെ വസ്തു ഇത്തിരി പ്രകാശിച്ചാൽ അതിൽ ഇത് മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഞാൻ അതിൽ ഇത്തിരി വെള്ളം ചേർത്തി അതിനെ മറച്ച് എനിക്ക് പുറകെ വരുന്നാൾ അയാളുടെ വക കുറച്ച് വെള്ളം ചേർത്തും അതിനെ കുറച്ചുകൂടെ മറക്കും പുറകെ വരുന്നാൾ കുറച്ചുകൂടെ വെള്ളം ചേർക്കും അവസാനം വെള്ളം മാത്രം ഉണ്ടാവും വസ്തുവേ ഉണ്ടാവില്ല ഇതിനോടൊക്കെ ജാഗ്രതയായിട്ടിരുന്നു വെള്ളം ഒരിക്കലും സത്യത്തിൽ വെള്ളം ചേർക്കുകയേ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ സത്യം അതേപടി മനസ്സിലാക്കാനുള്ള പക്വതയ്ക്ക് നമ്മൾ ഉയർന്നു വരണം എന്നല്ലാതെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് സത്യത്തിന് കൊണ്ടുവരാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ലെന്ന് വെച്ചാൽ കരയണം ഭഗവാനെ മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞ് കരയണമെന്നല്ലാതെ അദ്ദേഹത്തിനടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവണ രീതിയിൽ പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ രക്ഷയില്ല വേണമെങ്കിൽ പറഞ്ഞു തരുവായിരിക്കും പറഞ്ഞു തരുന്ന ആളുകളെ കിട്ടുവായിരിക്കും പക്ഷെ പറഞ്ഞു തരേണ്ട സാധനം അതൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമായിരിക്കും പറഞ്ഞു തരുന്നത് പക്ഷെ അത് സത്യമായിരിക്കില്ല എന്ന് മാത്രം ആ മനസ്സിലാവുന്ന തലത്തിലേക്ക് ഉയർന്നു പോകുന്നവരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അത് തെളിയുന്ന തലത്തിലേക്ക് നമ്മൾ ഉയർന്നവരെ ശ്രമിച്ചുകൊണ്ടിരിക്കണം അല്ലാതെ നമ്മളുടെ തലത്തിലേക്ക് അത് തെളിഞ്ഞു കിട്ടില്ല അങ്ങനെ ഒരു എളുപ്പ ഇല്ലേ ഇല്ല പക്ഷേ എളുപ്പമാണ് അതാണ് ഏത ചിത്രം രമണ മഹർഷി മാത്രമല്ല പറഞ്ഞത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കത്തുമയം ഹേ അർജുന രാജവിദ്യ ഞാൻ പറയാൻ പോകുന്നത് രാജവിദ്യയാണ് രാജഗുഹ്യം ഏറ്റവും വലിയ സീക്രട്ടാണ് പക്ഷെ വേണമെങ്കിൽ പ്രത്യക്ഷാവഗമം പ്രത്യക്ഷമായി തനിക്ക് അറിയാൻ കഴിയും അത്രയൊക്കെ ഒന്ന് വിഷമമുണ്ടോ സുസുഖം കർത്തും ചെയ്യാൻ വളരെ സുഖമാണ് എളുപ്പമാണ് പക്ഷെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇത്രയൊക്കെ ഭഗവാനെ അങ്ങ് പറയുന്ന പോലെ ഇത് സുസുഖമാണ് എളുപ്പമാണ് ഒക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാവണില്ല അശ്രദ്ധാനാഹ പുരുഷാഹ ധർമ്മ പരന്തപ അപ്രാപ്യമാം നിവർത്തന് തേ മൃത്യു സംസാരവർത്മനി ശ്രദ്ധയുണരാത്ത പുരുഷന്മാര് ഈ വസ്തുവിൽ ശ്രദ്ധ ചെലുത്താത്ത പുരുഷന്മാര് ഈ ധർമ്മം പ്രാപിക്കാതെ ജനനം വരണമെന്നുള്ള ചക്രത്തിൽ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നു വേറെ ഒന്നും കുഴപ്പമില്ല കാര്യമൊക്കെ സുസുഖമാണ് എളുപ്പമാണ് സിദ്ധമാണ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അവിടെവിടെ ലഭിച്ചിട്ടുള്ളതാണ് ലഭിച്ചതിനെ ശ്രദ്ധിക്കുന്നില്ല അത്രയേ ഉള്ളൂ കിട്ടിയിട്ടുള്ളതിനെ ശ്രദ്ധിക്കുന്നില്ല സമ്പത്ത് ലഭിച്ചിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നില്ല ആ ശ്രദ്ധിക്കലാണ് ഭഗവാൻ പറഞ്ഞത് ഏത ചിത്രം ഹൃദി അഹമിതി നൃത്യസിഭോഹ ഏറ്റവും വലിയ ആശ്ചര്യം ഹൃദയത്തിൽ ഹേ ഭഗവാനെ അവിടുന്ന് തന്നെ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി ജീവന്റെ കലയുടെ രൂപ അണ്ണാമല സിക്ികൾ കാട്ടും അണാമലൈ തീരാപ്പിണി തീർക്കും അണ്ണാമലൈ തൻ കയ് അണാമലൈ ി ങ്ങൾ സൂർന്ത അണാമലൈ ലീലകൾ പുറയും അണാമലൈ ലിംഗോത്സവമേ അണ്ണാമലേ കുങ്കും കരുണയെ അണ്ണാമലേമിരി അണ്ണാമലൈ അരുൺ തൃപ്പുകളേ അണ്ണാമലൈ வருணை என்னும் அண்ணாமலை திசைகள் கோற்றும் அண்ணாமலை മണത്തവം ചെയ്ത അണാമലൈ യമഭയം തീർക്കും അണാമലൈ രാം സൂരത് കുമാറും അണ്ണാമലൈ ഇനിമൈകൾ കൊഴിയും അണാമല അണാമല സുന്ദര മൊഴി Naamulai Mahil Annamalai படிவ அண்ணாமலை ஐந்து எழுத்தே அண்ணாமலை ஐந்து சிகரம் ஏறும் அண்ணாமலை அகண்ட தீபமே அண்ணாமலை ും അണാമല വളം വര വളം തരും അണാമല നിലം ഇതിൽ നയം മികം അണ്ണാമലൈ നിലതനെ അളി അണാമലൈ അല്ലൽ തീർക്കും അണ്ണാമലൈ ആരണ പടിവാണ എല്ലാ അണ്ണാമലൈറ്റം അളിമലൈമെപ്പും മലയം അണ്ണാമലൈ ന്യാനമളി അണ്ണാമലൈ വടിവാ അണമലയെ കുലമതെ കാക്കും അണമല